ശത്രുക്കളെ തേടിപ്പോകുന്നതിൽ നിങ്ങൾ തളരരുത് നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരും നിങ്ങൾ അനുഭവിക്കുന്നതുപോലെ വേദനിക്കുന്നുണ്ട് എന്നാൽ അവർ പ്രതീക്ഷിക്കാത്തത് നിങ്ങൾ അള്ളാഹുസുബാനുഹൂവറ്റ ആല ഇൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹുസുബഹാനുഹൂവറ്റ ആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു